തങ്ങൾ വലിയ തെറ്റിൽ അകപ്പെട്ടുവെന്നും വഴിപിഴന്നുപോയെന്നും അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ രക്ഷിതാവ് നമ്മോട് കരുണ കാണിക്കുകയും നമുക്ക് പുറത്തു ചെയ്തില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ നഷ്ടക്കാരിലായിരിക്കും